ഈ ശ്ലോകം തന്നെ തിരഞ്ഞെടുത്തത് ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല നമ്മൾ അറിയാത്തൊരു വിഷയത്തിനെ അല്ല അന്വേഷിക്കുന്നത് അതാണ് ഈ ജ്ഞാനത്തിന്റെ സൗലഭ്യവും വിഷമവും നമ്മൾ ലോകത്തിൽ സാധാരണ ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ പോകുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഫ്രഞ്ച് ഭാഷ അറിയില്ല ഫ്രഞ്ച് ഭാഷ പഠിക്കുകയാണ് എനിക്ക് കെമിസ്ട്രി അറിയില്ല കെമിസ്ട്രി പഠിക്കുകയാണ് എനിക്ക് ഫിസിക്സ് അറിയില്ല ഫിസിക്സ് പഠിക്കുക എനിക്ക് സംഗീതം അറിയില്ല സംഗീതം പഠിക്കുകയാണ് പക്ഷേ ആത്മവിദ്യ അങ്ങനെ ഒരു അറിവല്ല ആ അറിവിന്റെ സ്വഭാവവും വേറെയാണ് അതിനുള്ള പദ്ധതിയും വേറെയാണ് അതുകൊണ്ടാണ് നമുക്കിത് വിഷമം വിഷമം എന്ന് ഇത് വാസ്തവത്തിൽ വിഷമവുമല്ല സുലഭവുമല്ല ആർക്കാണോ കൃപയിൽ ശ്രദ്ധയുള്ളത് അവർക്ക് സുലഭമാണ് ആർക്കാണോ അവരുടെ ബുദ്ധിയുടെയും മനസ്സിന്റെയും ഇച്ഛാശക്തിയുടെയും ബലത്തിനെ ആശ്രയിച്ചു അവർക്ക് വിഷമമാണ് മഹാപുരുഷന്മാരുടെ ജീവിതമൊക്കെ വന്നു നോക്കിയാൽ കാണാം അവരൊക്കെ ഭക്തിയുടെ പടിയിലൂടെ നടന്നു മേലെ വന്നവരാണ് നാരായണ ഗുരുദേവന്റെ ജീവിതം നോക്കിയാൽ കാണാം ഭക്തിയുടെ പടിയിലൂടെ നടന്നു വന്ന ആളും ആരോട് ഭക്തി ചെയ്യണമെന്ന് അവസാനം ചോദിച്ചാൽ വേറെ പുറത്ത് ഭക്തി ചെയ്യാൻ ഒരാളുമില്ല തന്റെ തന്നെ അന്തര്യാമിയോട് തന്നെയാണ് കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒക്കെ പക്ഷേ ഈ അഭിമാനം ഉരുകണം എന്നുവച്ചാൽ അത് എന്നെ കൊണ്ടാവില്ല എന്ന് അടങ്ങി അടങ്ങുന്നത് തന്റെ സോഴ്സിൽ തന്നെയാണ് അടങ്ങുന്നത് തൻ്റെ തന്നെ മൂലസ്ഥാനത്തിലിരിക്കുന്ന വസ്തുവിന്റെ ശക്തിയെ വിളിക്കുകയാണ് ആഹ്വാനം ചെയ്യാണ് ഇതൊക്കെ അതിൻ്റെ ശാസ്ത്രവശം ഈ ശാസ്ത്രവശം ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഭക്തി ചെയ്താൽ മതി ഭക്തി ചെയ്താൽ മതി ആ ഭക്തി ആ കൃപ ഗുരുദേവൻ ആദ്യവും അവസാനവും ആ ഭക്തിക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അതിപ്രൗഢമായ ജനനി നവരത്നമഞ്ചരി എഴുതുമ്പോഴും ആ ഭക്തിയുടെ രസത്തിൽ ചാലിച്ചുകൊണ്ട് തന്നെ അതിഗൗരവമായ ആ വിഷയത്തിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് ജനനി എന്ന് വിളിക്കുമ്പോൾ എന്തൊരു മാധുര്യം അമ്മാന്ന് വിളിക്കുമ്പോൾ എന്തൊരു മാധുര്യം പറയണതോ ഗംഭീരമായ വേദാന്തമും സിദ്ധാന്തമും യോഗശാസ്ത്രവും ഒക്കെ ചേർത്തിട്ടാണ് ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്നാശു തൻമതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് അല്ലെ സത്സംഗത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നിട്ടുള്ളവരാണെങ്കിൽ കുറെ കഴിയുമ്പോ കേൾക്കാൻ പറ്റില്ല പുറമേക്കുള്ള പ്രിയം പുറമേ വസ്തുക്കളോടുള്ള പ്രിയം ജനനി എന്നാണ് പൂർത്തി ചിന്നാബിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാരിടുന്നു ജനനി ഹൃദയത്തില് ത്രിപുടി അറുംപടി ആ ത്രിപുടി അറുക ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം ആ ത്രിപുടി പോവണമെങ്കിൽ ആ പരമേശ്വരന്റെ കൃപ വേണം അന്തര്യാമിയായ ഭഗവാന്റെ കൃപ വേണം ആ കൃപ അരുൾ എന്ന് ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്ക് തമിഴ് വാക്കാണ് അരുൾ അരുൾവിലാസം രമണ മഹർഷി ആത്മവിദ്യാ കീർത്തനം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നു വിണ്ണാതിയ വിളക്കും കണ്ണാതിയ പൊറിക്കും കണ്ണാമനക്കണ്ണുക്കും കണ്ണായൊരു പൊരുൾ വേർ എണ്ണാതിരുന്തപടി ഉൾനാടുളത്ത് ഒളിരും അണ്ണാമലയണമേ അരുളും വേണുമേ അൻപേ ഇൻപ്മേം അതിൽ പറഞ്ഞു അഹ വിനാശമേ ഇൻപ വികാസമേ മൂന്ന് വാക്കാണതില് അരുൾവിലാസം അഹവിനാശം ഇൻപ അരുൾവിലാസം എപ്പോഴാണ് ആ മനസ്സല്ലാത്ത ഒരു ശക്തിയാണ് ഈ അരുൾ എന്ന് പറയുന്നത് നമുക്കത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളു അതാണ് ഗുരുദേവൻ പറഞ്ഞ അനുഭവിയാതറിവില്ല ആ അനുഭവം വരുമ്പോ നമ്മൾ ഈ അരുൾ ശക്തി കൃപാശക്തിയെ നമ്മൾക്കുള്ളിൽ നമ്മൾ കാണും അതായത് നദി സമുദ്രത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ സമുദ്രം നദിയിലേക്ക് കലക്കുന്ന പോലെ ഒരു പ്രക്രിയ എന്ന് വെച്ചോളാം മാ അടയാർ ബ്രിഡ്ജില് ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന ആളുകളൊക്കെ കൂട്ടം കൂടി നിന്ന് ചുവട്ടിലേക്ക് നോക്കുകയാണ് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ കഥ പറഞ്ഞത് ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടു എന്താ നടക്കണേ എന്താന്ന് വെച്ചാൽ അടയാർ നദിയിലൂടെ കടൽ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ് അവർക്ക് ആർക്കും അറിഞ്ഞില്ല അവിടെ ആ നദി ചേരുന്ന സ്ഥലമായതുകൊണ്ട് എന്താ നടക്കണമെന്ന് മനസ്സിലായില്ല സുനാമി നടന്ന സമയമാണ് സുനാമി നടന്നത് അവിടെ ബാധിച്ചില്ല കാരണം അവിടെ നദി ഉള്ളതുകൊണ്ട് കടല് കരക്കി കയറുന്നതിന് പകരം നദിയിലൂടെ കയറി നദി ഇങ്ങോട്ട് ഒഴുകണ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഒഴുകി ഇതുപോലെ മനസ്സിനെ വിഴുങ്ങിക്കളയുന്നതായ മനസ്സിന്റെ തന്നെ ഒരു റീഫൈൻഡ് ഫോം അങ്ങനെയും പറയാം അല്ലെങ്കിൽ അതിന്റെ തന്നെ കറപ്റ്റഡ് ഫോമാണ് മനസ്സെന്ന് പറയാം മനസ്സ് തന്നെ സൂക്ഷ്മമാവുന്ന മണ്ഡലത്തിൽ ഏർപ്പെടുന്ന അരുൾ അഹവിനാശം ഇൻബ വികാസം പ്രകാശം ആയിരം ആതിഥേയർ ഒന്നിച്ചു ഒരു പതിനായിരം ആതിഥേയർ ഒന്നിച്ചു ഉയരുന്ന പോലെ എന്ന് പറഞ്ഞു ഒരു പതിനായിരം സൂര്യനുദിക്കുന്ന പോലെ അകമേ ആ പ്രകാശത്തിന് അനുഭവിക്കുമ്പോ നമ്മളുടെ ത്രിപുടി മുടിഞ്ഞ് നമ്മൾ അഭിമാനമടങ്ങി മനസ്സടങ്ങി നമുക്ക് സമത്വം ശാന്തി സമാധി ജ്ഞാനസമാധി ഉണ്ടായി നിറവികൽപ്പ ബോധമുണ്ടായി നമ്മൾ സ്വതന്ത്രരാകും സ്വതന്ത്രരാകുമെന്ന് വെച്ചാൽ അഭിമാനിക്കാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിദ്യ മറ്റു വിദ്യ പോലെയല്ല ഒരു ഡിഗ്രി എടുത്താൽ ഞാൻ ഡോക്ടറാണെന്ന് പറയാം എഞ്ചിനീയർ ആണെന്ന് പറയാം സയന്റിസ്റ്റാണെന്ന് പറയാം അതുപോലെ ഞാൻ ജ്ഞാനിയാണ് ജീവൻ മുക്തനാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം എപ്പോൾ തത്വജ്ഞാനുണ്ടായോ അപ്പൊ അയാൾക്ക് എല്ലാവരും മുക്തരാണ് എല്ലാവരും അത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അറിഞ്ഞു കഴിയുമ്പോ എന്താ വിശേഷം എന്ന് വെച്ചാൽ താൻ മാത്രമല്ല തന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ അത് തന്നെ ആയിട്ട് തീരും പിന്നെ താൻ മാത്രം ഞാൻ എന്ന് അവകാശപ്പെടാൻ ഒരാൾ അവിടെ ഉണ്ടാവില്ല അയാളെ ഇര മുതലായവ എന്നും ഇപ്രകാരം വരും ഇനിയും വരവറ്റുനിൽപദേഗം അറിവതു നാം അതുതന്നെ മറ്റും എല്ലാവരും അതുതൻ കാണുന്നവരൊക്കെ തന്നെ അതിന്റെ വടിവായിട്ട് അതിന്റെ തിരുപുരുവായിട്ട് സ്വരൂപമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ആർക്ക് എന്ത് ഉപദേശിക്കും നിങ്ങൾക്കൊക്കെ ഞാൻ എന്താ ഉപദേശിക്കാം നിങ്ങളൊക്കെ പൂർണ്ണരാണ് നിങ്ങളൊക്കെ സ്വയം പ്രകാശ വസ്തുക്കളാണ് നിങ്ങളൊക്കെ ഭഗവത് സ്വരൂപികളാണ് ശരീരവും മനസ്സും നിങ്ങളുടെ സ്വരൂപമല്ല ഞാൻ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള അഭിമാനം സർഫസിൽ മാത്രമാണ് നിങ്ങളുടെ സെന്ററിൽ ഇതൊന്നുമില്ല ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉത്തുമാരീ ത്വം ജീർണോ ദം ജാഭവസി വിശ്വതോ മുഖ വിശ്വതശക്ഷു വിശ്വതോ മുഖോ വിശ്വത്തോഹസ്ത വിശ്വത ശ്വേതാശ്വത ഉപനിഷത്തിലെ ഋഷി പറയണം ഭഗവാനെ അങ്ങ് സ്ത്രീയായിട്ടിരിക്കുന്നു അങ്ങ് പുരുഷനായിട്ടിരിക്കുന്നു അങ്ങ് കുമാരനായിരിക്കുന്നു കുമാരിയായിരിക്കുന്നു വൃദ്ധനായ് അടിപിടിച്ച് നടക്കുന്നു അപ്പൊ ഞാൻ സ്ത്രീയാണോ പുരുഷനാണെന്നും എനിക്കൊന്നും അറിയില്ലെന്നും ഇതൊക്കെ നിങ്ങൾ എന്തൊക്കെ തന്നെ നടിച്ചാലും എനിക്ക് വേണ്ട വിധത്തിലുള്ള ദൃഷ്ടി ഉണ്ടെങ്കിൽ കാണാം നിങ്ങൾ നാടകം നടിക്കണം അഹോ നാടകം നിഖിലവും മീനായത്തും ഭവതിമാനായത്തും ജനനി നഗ ഖം ഞാനായത്തും ധരനദി ആരിയും സകലത്തും ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്റെ തന്നെ സ്വരൂപമാണ് അഹോ നാടകം നിഖിലവും ഇവിടെ ആർക്കെന്ത് ഉപദേശിക്കും അപ്പൊ കാണുന്ന നിങ്ങളെ പൂർണ്ണ വസ്തുവാണെന്ന് ഞാൻ കാണുകയാണെങ്കിൽ ആ ദൃഷ്ടിയാണ് അമൃത ദൃഷ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ഉപദേശിക്കാനില്ല വ്യവഹാരത്തിന് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അജ്ഞാനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയാമായിരിക്കാം പക്ഷെ ഉള്ളില് ഈ തത്വധാരണ ഉണ്ടെങ്കിൽ അറിയാം നമ്മൾ ഈ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം വേറെ ഉള്ളിലുള്ള വസ്തു പൂർണ്ണമാണ് എല്ലാവരിലും പൂർണമാണ് എല്ലാവരും ജ്ഞാനികളാണ് വിവേകാനന്ദ സ്വാമികളോട് എടുത്തു പറഞ്ഞു ഈ ആളുകളെ അജ്ഞാനികളാണെന്നും അവർക്ക് മനസ്സിലാവില്ലെന്നും കരുതി സത്യത്തിനെ പറയാതെ കള്ളത്തിനെ കള്ളമായിട്ടുള്ളതിനൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുവരണം പറയണ ഈ സമ്പ്രദായത്തിനോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല കാരണം ഇവിടെ ആരും ഉയർന്നവരുല്ല ഒരാളും താഴ്ന്നവരുമില്ല എല്ലാരും സത്യസ്വരൂപികളാണ് വിളിച്ച സുപ്രഭാതം പാടേണ്ടത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള അന്തരിയാമിക്കാകും ഭാഗവതത്തിൽ ശ്രുതിഗീതാണ് ജയ ജയാ ജഹി അജാം അജിത ദോഷഗർഭീത ഗുണം ഈ കൃപയെ ഉണർത്തലാണ് ശ്രുതിഗീത ഭാഗവതത്തിൽ നമ്മൾ സാധന ചെയ്യുന്നതിനു പകരം രാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ കണ്ടുകൊണ്ട് ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ നീ സാക്ഷാത് നാരായണനാണ് പരമേശ്വരനാണെന്ന് പറഞ്ഞ് പുഷ്പം വായിൽ ശിരസിലർപ്പിക്കുകയും ദീപാരാധന കാണിക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്തു വിവേകാനന്ദ സ്വാമി അന്ന് വിചാരിച്ചു ഇദ്ദേഹത്തെ പൂജിക്കുകയാണ് അദ്ദേഹത്തിന് ഭ്രാന്താണ് ഞാൻ നരേന്ദ്രനാഥ് ദത്തയല്ലേ എന്ന് പറഞ്ഞു രാമകൃഷ്ണദേവൻ ഈ നരേന്ദ്രനാഥ് ദത്തയല്ല പൂജിച്ചത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിത് ശക്തിയെ ഉണർത്തിവിട്ടതാണ് എഴുന്നേക്കൂ എഴുന്നേക്കോ അമ്മ ജാഗോ ജാഗോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടാണത് ജാഗോ ജാഗോ അമ്മ എഴുന്നേക്കോ അമ്മ എഴുന്നേക്കൂ തട്ടി ഉണർത്തുക അതുപോലെ എല്ലാവരുടെ ഉള്ളിലും ആ ശക്തി ഉണ്ട് അതിനെ ഉണർത്തുകയാണ് ഭാഗവതത്തില് ജയ ജയാ ജഹി അജാം നമ്മളെ മനസ്സിനെ നിയന്ത്രണം ചെയ്യൂ സാധന ചെയ്യൂന്നല്ല ഉള്ളിലുള്ള അന്തര്യാമിയായ ഭഗവാനോട് പറയാണ് ഭഗവാനെ അങ് ഉണർന്ന് ജയിച്ച് ഈ മായ അജ്ഞാനത്തിനെ നീക്കി സ്വയം പ്രകാശിക്കുക നിങ്ങളുടെ തലയിൽ ചുമതലയേ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഉണർത്തുകയാണ് ഉണരട്ടേത് ഉണർന്നാൽ എല്ലാം നടക്കും നിങ്ങൾ പൂർണരാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണത നേടിയെടുക്കേണ്ടതല്ല സിദ്ധമായിട്ടുള്ളതാണ് നേടിയെടുക്കേണ്ടതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും നേടിയെടുക്കാനുള്ളതല്ല സിദ്ധമാണ് ഇപ്പത്തന്നെ കിട്ടിയിട്ടുള്ളതാണ് അജ്ഞാനം കൊണ്ട് ഒരു മറവാൽ ഒരു മറ ഒരു ആവരണം ഉള്ളത് കൊണ്ട് സത്ത നമ്മളുടെ സ്ഥിതി നമുക്ക് അറിയണില്ല ആ ആവരണം അങ്ങട്ട് നീങ്ങിയാൽ കാണാം അത് വസ്തുസ്ഥിതി പ്രകാശിക്കണത് ഇതിനെയാണോ നമ്മൾ ഇത്രകാലം കാണാത്തതെന്ന് തോന്നും ഇത്രയും അപരോക്ഷമായിട്ടുള്ളതിനെ എന്തുകൊണ്ട് ഇത്ര കാലം കണ്ടില്ല ഇത്രയും അപരോക്ഷമായി സിദ്ധമായിട്ടുള്ളതിനെ നമ്മളെങ്ങനെ നഷ്ടപ്പെടുത്തി നമുക്ക് തന്നെ ആശ്ചര്യം വിസ്മയം തോന്നും അത്തരത്തിൽ ആണ് ആ ദൃഷ്ടി ആ ദൃഷ്ടിയെ നമ്മളിൽ ഉണർത്തലാണ് ആത്മോപദേശതകം ഇനി രണ്ടു ദിവസം കൂടെ ഉണ്ടോ നമുക്ക് ആ രണ്ടു ദിവസത്തിൽ തുടർന്ന് ചില പദ്യങ്ങൾ പ്രത്യേകമായി ഇപ്പോ ആകമൊത്തം ഒന്ന് നോക്കി വന്നു ആദ്യം മുതൽ അവസാനം അവിടെ എവിടെയായി തൊട്ടു വന്നു ഇനി രണ്ടു ദിവസം ചില പദ്യങ്ങൾ പ്രത്യേകമായെടുത്ത് പറയാം അതൊക്കെ തന്നെ നമ്മളുടെ അനുഭവത്തിനുതകുന്ന വിധത്തിൽ മാത്രം അല്ലാതെ സാമൂഹികമായിട്ടോ പ്രാപഞ്ചികമായിട്ടോ ശാസ്ത്രപരമായിട്ടോ സിദ്ധാന്തപരമായിട്ടോ ഒന്നുമല്ല അതൊക്കെ വേറെ വിഷയം ബഹിരംഗപരീക്ഷണമാണ് നമുക്കതൊന്നും ഇവിടെ മുഖ്യമല്ല നമുക്കിവിടെ സത്സംഗമാണ് ബാക്കിയൊക്കെ അതൊക്കെ സമൂഹത്തിലും ലോകത്തിലും ആവശ്യമുള്ള കാര്യമാണ് അതൊക്കെ വേറെ ഫീൽഡാണ് നമുക്കിവിടെ ഈ അന്വേഷണം ചെയ്യാം അതിന് ഗുരുദേവന്റെ കൃപ കൃപയാണോ ഉള്ളത് നമ്മൾ അതിന് കുറുകെ നിക്കാതിരുന്നാൽ മാത്രം മതി ആ കൃപ ആണ് സത്സംഗത്തിലെ നമ്മൾ ആ കൃപയ്ക്ക് ശരണാഗതി ചെയ്തിട്ട് കേൾക്കണം എന്നാൽ ആ കൃപ പ്രവർത്തിച്ചോളും നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കോളും ഇത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്താം യഥോ മമാത്മാഭവസിമേവ തതോ നവാച്യം മമകിഞ്ചിദസ്തി യഥാതവേഷം കുരുമാം തഥൈവ ം ആത്മനാഥം രമണം ഭജ